ായം പന്ത്രണ്ട് അനന്തരം യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട് നീ അമോന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്ത് ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീട്ടിന് തീവച്ച് ചുട്ടുകളയുമെന്ന് പറഞ്ഞു ഇത്താഹ അവരോട് എനിക്കും എന്റെ ജനത്തിനും അമോന്യരോട് വലിയ കലഹം ഉണ്ടായി ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കൈയിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല നിങ്ങൾ എന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമോന്യരുടെ നേരെ ചെന്നു യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഇങ്ങനെയിരിക്കെ ഇരിക്കെ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്ത് എന്നു പറഞ്ഞു അനന്തരം ഇബ്താഹ് ഗലയാദ്യ ഒക്കെയും വിളിച്ചുകൂട്ടി യഫ്രൈമ്യരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു ഗലയാദ്യരായ നിങ്ങൾ യഫ്രൈമിന്റെയും മനശിയുടെയും മധ്യേ യഫ്രൈമ്യ പലായുധന്മാർ ആകുന്നു യഫ്രൈമ്യർ പറകൊണ്ട് ഗിലയാദ്യർ അവരെ സംഹരിച്ച് കളഞ്ഞു ഗിലയാദ്യർ യഫ്രീം ഭാഗത്തുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു യഫ്രൈമ്യ പലായുധന്മാരിൽ ഒരുത്തൻ ഞാൻ അക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലയാദ്യർ അവനോട് നീ യഫ്രൈമ്യനോ എന്ന് ചോദിക്കും അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ എന്ന് പറക എന്നു പറ അതവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായിക കൊണ്ട് അവൻ സിബോലെത്ത് എന്നു പറയും അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലു അങ്ങനെ ആ കാലത്ത് യഫ്രൈമരിൽ നാൽപ്പത്തിയിരായിരം പേർ വീണു ഇഫ്താഹ് ഇസ്രയേലിന് ആറ് സംവത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഗിലയാദ്യനായ ഇഫ്താഹ് മരിച്ചു ഗിലയാദ്യ പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം ബേത്തലഹേമ്യനായ ഇബ്സാൻ ഇസ്രയേലിന് ന്യായാധിപനായിരുന്നു അവന് മുപ്പത് പുത്രന്മാർ ഉണ്ടായിരുന്നു അവൻ മുപ്പത് പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് മുപ്പത് കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു അവൻ ഇസ്രയേലിന് ഏഴ് സംവത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഇബ്സാൻ മരിച്ചു ബേത്ത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു അവന്റെ ശേഷം സെബൂലൂന്യനായ ഇസ്രയേലിന്യായാധിപനായി പത്ത് സംവത്സരം ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു പിന്നെ സെബൂലൂന്യനായു അവനെ സെബൂലൂൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു അവന്റെ ശേഷം ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന ഒരു പിരാധോന്യൻ ഇസ്രയേലിന് എഴുപത് കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൌത്രന്മാരും അവനുണ്ടായിരുന്നു അവൻ ഇസ്രയേലിന് എട്ട് സംവത്സരം ന്യായാധിപനായിരുന്നു പിന്നെ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാധോന്യൻ മരിച്ചു അവനെ യഫ്രൈം ദേശത്ത് അമാലേക്കരുടെ മലനാട്ടിലെ പിരാഥോനിൽ അടക്കം ചെയ്തു